আলহামদুলিল্লাহ نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم صدق الله مولانا العلي العظيم അഭ്യന്തരായ പണ്ഡിതന്മാർ ആദരണീയരായ നേതാക്കൾ സമസ്ത കേരള ജംഇത്തുൽ ഉലമിയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ നേതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട മൊഅല്യം സഹോദരന്മാർ സ്നേഹമുള്ള സഹോദരന്മാർ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അധ്യാപനം മനോഹര കല മലിം ബാധ്യതകൾ എന്നതിനെ കുറിച്ചാണ് ഈ ഉള്ളവന് ഇവിടെ വിഷയം അവതരിപ്പിക്കേണ്ടത് സംഘാടന കലയിൽ കുറച്ച് വ്യാപൃതമായതുകൊണ്ട് തന്നെ അധ്യാപന കാര്യമായി ശ്രദ്ധ കൊടുക്കാനാവാതെ പോകുന്ന ഒരവസ്ഥ നിലകൊള്ളുന്നത് കൊണ്ട് ഈ വിഷയം കൂടുതൽ പ്രവീണരും കൃതഹസ്ഥരുമായ ആളുകളാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് എൻ്റെ പരിമിതിയിലും പരിധിയിലും മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ അഭിമുഖീകരിക്കുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ തന്നെ സൃഷ്ടാവാണ് ഒരു സോഷ്യൽ എൻജിനീയർ എന്ന് പറയപ്പെടാറുണ്ട് അയാളൊരു സമൂഹത്തിൻ്റെ നിർമ്മാതാവാണ് സമൂഹത്തിൻ്റെ സംസ്കരണത്തിൻ്റെ മുഴുവനും ഉത്തരവാദിയാകുന്നത് അധ്യാപകനാണ് അതുകൊണ്ട് തന്നെയാണ് തലീമിന് വലിയ പ്രാധാന്യം കല്പിക്കപ്പെട്ടത് അധ്യാപനത്തിലൂടെയാണ് ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനാവുക അള്ളാഹു അവൻ്റെ വിശുദ്ധ ഫുർ രണ്ട് പ്രധാനപ്പെട്ട വളരെ മോശമായിരുന്ന പ്രാകൃതമായിരുന്ന അവസ്ഥകളിൽ എങ്ങനെയാണ് ഉദ്ധാനമുണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തയും രണ്ട് സന്ദർഭങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം തഴലിയുമു വളരെ പ്രധാനമാണ് എന്നാണ് ഒന്ന് ആദം നിബി അലൈസ്ലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് സൃഷ്ടിയുടെ അന്വേഷണവും അതിൻ്റെ ആലോചനയും നടക്കുമ്പോഴാണ് ഭൂമിയിൽ രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്നൊരു വിഭാഗം ആളുകളെ നീ എന്തിനു സൃഷ്ടിക്കണം എന്നാണ് ആ ആലോചനാവസരത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധരായ മാലാഖന്മാർ മലക്കുകൾ പറയുന്നത് എന്തിനാണ് കുഴപ്പക്കാരായ വിഭാഗമാളുകളെ സൃഷ്ടിക്കുന്നത് ആ ചോദ്യത്തിന് അല്ലാഹുവിന് മറുപടി കൊടുക്കാനുണ്ടായിരുന്നത് ആദൻ നബി അലൈഹി സ്വലാത്തു മനോഹരമായ രൂപവും അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ ഭാവവും കട്ടിക്കൊടുത്തിട്ട് ഈ സുന്ദരമായ രൂപം എങ്ങനെ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്ന ചോദ്യമായിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അള്ളാഹു ചോദിച്ചത് മറിച്ച് അള്ളാഹു റബുൽ ചെയ്തത് സകല ജ്ഞാനവും ആദൻ നബി അലൈഹി സ്വലാത്തു ജ്ഞാനിയായ ആദൻ നബി അലൈഹി സ്വലാത്തു എന്നിട്ട് മഹാരഥന്മാരായ മലക്കുകളുടെ മുമ്പിൽ അല്ലിമാക്കി സ്ഥാപിച്ചുകൊണ്ടാണ് മഹാനായ ആദമിന്റെ വലിപ്പത്തെ അള്ളാഹുറബുൽ സ്ഥാപിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്കാരങ്ങളില്ലാത്തിടത്ത് നിന്ന് സംസ്കാരത്തിൻ്റെ ബീജാവാപം തുടങ്ങണമെങ്കിൽ ജ്ഞാനമുണ്ടാകണം എന്ന് മാത്രമല്ല ആ പ്രസാരണവും നടക്കണം എന്നാണ് വിശുദ്ധ ഖുർഹാൻ അതിൻ്റെ തുടക്കത്തിൻ്റെ പ്രമേയമാക്കിയത് ഇനി അത് മാത്രമല്ല അധ്യാപകനാണ് ലോകത്തെ ഏറ്റവും ബഹുമാന്യനും ആദ്യത്തെ അധ്യാപകൻ ബഹുമാന്യനായതുകൊണ്ടാണ് ആദ്യത്തെ അധ്യാപകന്റെ മുമ്പിൽ അള്ളാഹുറബുൽ ഇസത്ത് മലക്കുകളോട് സുജൂത ചെയ്യാൻ ആവശ്യപ്പെട്ടത് പഠിച്ചവന് രണ്ടാമതുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ബാധ്യത അവൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിൽ വിനയാന്യതനായി മാറുകയും അതിന്റെ ഭാഗമായി സേവന തൽപരനായി മാറുകയും ചെയ്യുക എന്നതാണ് വിജ്ഞാനവും വിനയവും സേവനവും എന്ന മുദ്രാവാക്യം സമസ്ത കേരള പോഷകസംഘടനയായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് വരാൻ കാരണം പഠിച്ചാൽ പിന്നെ കിബറല്ല ഉണ്ടാകേണ്ടത് അത് വിവരം എന്നത് വിനയമാകുകയും സേവനമാവുകയും ചെയ്യണം എന്നതുകൊണ്ടാണ് നോക്കൂ നബി അലൈഹിത്തു വസ്സലാമിനെ അള്ളാഹുറബുൽ അല്യമാക്കി നിശ്ചയിച്ചതിനു ശേഷം ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ തന്റെ ദൗത്യം നിർവഹിച്ചു നിർവഹണാനന്തരം അള്ളാഹു റബുൽ ആവശ്യപ്പെട്ടത് എന്നാണ് ആദമിനെ നിങ്ങൾ സുചൂത് ചെയ്യണം എന്നാണ് ആദമിനെ സുചൂത് ചെയ്യണം എന്നടുത്ത് മഹാരഥന്മാരായ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വർത്തമാനത്തിന് അവരുടെ ഇടയുണ്ട് എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് ഒന്ന് നേരത്തെ ഈ ഈ കുഴപ്പക്കാരെ ഭൂമിയിലേക്ക് എന്തിന് നീ കൊണ്ടുവരണം എന്ന് ചോദിച്ചത് മലക്കുകളാണ് എന്തിനാണ് ഭൂമി രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്ന ഈ ഭാഗമാളുകൾ എന്ന് ചോദിച്ചത് മഹാരഥന്മാരായ മലക്കുകളാണ് എന്തിനാണ് രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്ന ഈ ഭാഗം ആളുകൾ എന്ന ചോദ്യം ചോദിച്ചതാണ് മലക്കുകൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മുഷാവറ കൂടിയിട്ട് തൽക്കാലം ഇദ്ദേഹത്തെ ആദരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചേക്കാം എന്ന് മലക്കുകൾ ആലോചിച്ചില്ല അങ്ങനെ ആലോചിച്ചവനെ അള്ളാഹുറബുൽ ഇസ്സത്തൊക്കെ ആലോചിച്ചവൻ ഒരേ ഒരാളാണ് അയാളും ഈ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു മഹാരഥന്മാരായ മലക്കുകളുടെ കൂടെ ഇരുന്ന് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനിൽ നിന്ന് ജ്ഞാനം നുകരാൻ അവസരം കിട്ടിയ ആളായിരുന്നു പക്ഷേ സത്യത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്നതാണ് എപ്പോഴുമുള്ള പ്രശ്നം നേരെ ഗുരുവര്യന്റെ മുമ്പിൽ വിസമ്മതത്തിന്റെ കൊടികാട്ടിയവന് പിന്നെ ഉണ്ടാകുന്നത് പിന്നെ അവൻ എഴുതി തള്ളേണ്ടവനാണ് ഡിസ്മിസൽ ഓർഡർ ആണ് അള്ളാഹുറബുൽ സത്യത്തിൽ ഇബിലീസിന്റെ കയ്യിൽ കൊടുത്തത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സസ്പെൻഷൻ ഓർഡർ ആയിരുന്നുവെങ്കിൽ തൽക്കാലം ഒരു ആറു മാസത്തിന്റെയോ അല്ലെങ്കിൽ ആറ് കൊല്ലത്തിന്റെയോ കാലാവധി പറഞ്ഞ് നിർത്താമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ചെയ്തത് ഡിസ്മിസൽ ഓർഡർ അള്ളാഹു കൈയിൽ കൊടുത്തു പിന്നെ ഏതെങ്കിലും വഴിയിൽ അള്ളാഹുറബുൽ ഇബിലീസിനെ അനുഗ്രഹത്തിന്റെ കവാടത്തിൽ അനുഗ്രഹത്തിന്റെ വഴിയിൽ സ്വീകരിക്കാനോ ബാഹു തയ്യാറായിട്ടേ ഇല്ല ഒരൊറ്റ ഒരു നിമിഷത്തിന്റെ പ്രശ്നമാണ് മഹാനായ മുല്ലിമിനോട് മുത്തലിം എതിർപ്പിന്റെ വഴി പറയുകയും എതിർപ്പിന്റെ കൊടി പിടിക്കുകയും പിന്നെ ആ ആദരണീയമായ ആ വ്യക്തിത്വത്തോടുണ്ടായ അപമാനത്തിന്റെ പേരിൽ പടച്ചതമ്പുരാൻ ചെയ്തത് ഒറ്റൊരു വിശദീകരണമേ ചോദിച്ചിട്ടുള്ളൂ ഒറ്റൊരു വിശദീകരണം എന്തിന് ആദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ സുജൂ ചെയ്തിട്ടില്ല എന്നൊരു വിശദീകരണം ആ വിശദീകരണത്തിനും അയാൾ നൽകിയ മറുപടി ഇതായിരുന്നു അഗ്നി കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത് എന്നാൽ മണ്ണ് കൊണ്ടാണ് അവനെയും സൃഷ്ടിച്ചത് ഞാൻ എങ്ങനെയാണ് അഗ്നി കൊണ്ട് സിട്ടമായ ഞാൻ മണ്ണുകൊണ്ട് സിട്ടമായ മനുഷ്യന് സുചൂത ചെയ്യും എന്ന ചോദ്യത്തിന് പടച്ചതംപുരാൻ അങ്ങനെയൊന്നും പറയരുത് എന്നല്ല പടച്ചതമ്പുരാൻ പറഞ്ഞത് ഫഖറുദു മിൻഹാ ഫഇന്നക റജീം കടക്കണം പുറത്തെ ഇനി മേൽ നിങ്ങ സ്ഥാനം അനുഗ്രഹത്തിന്റെ വലയിലല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു നാം കാണുന്നു എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും സത്യം അതാണ് സത്യം അതാണ് വിസമദത്തിന്റെ കൊടി പിടിച്ചാൽ മഹാനായ ഗുരുവരനെതിരെ ആയി ഒരു അക്ഷരം വേണ്ടയാൽ അത്ണ്ടാക്കിയെടുക്കുന്ന ആബൽ കരമായ വസ്തുതയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമേ പ്രമേയം എന്ന നിലയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാട്ടിത്തന്നു ചരിത്രത്തിലില്ല അങ്ങനെ ഒന്നും ഗുരുവിനെതിരായി ഉണ്ടായിത്തീർന്ന ഏത് അർത്ഥത്തിലുമുള്ള നിഷേധാത്മക സമീപനത്തിനും അള്ളാഹുറബുൽ ചെയ്തത് ആ വഴി തന്നെയാണ് നല്ല ഗുരു ഗുരുവെളിച്ചമാണ് കൊടുക്കേണ്ടവനാണ് ഗുരുനാഥൻ എന്ന വാക്കിനു പോലും അർത്ഥമാകാൻ നിരോധക അന്ധകാര നിരോധിത്താത് ഗുരു എന്ന് കാണാം ഈ ഗുരു എന്ന പദത്തിന്റെ അതിന്റെ നിർവചനം എന്ന നിലക്ക് ഗുഗാരം എന്ന് പറഞ്ഞാൽ ഇരുട്ടാൻ ം എന്ന് പറഞ്ഞാ അത് ഇരുട്ടിന്റെ മാറ്റമാണ് ഇരുിനെ ഇല്ലായ്മ ചെയ്യലാണ് ഇരുട്ടിന്റെ വിഭാടനമാണ് എന്ന് പറഞ്ഞാൽ ഗുരു ഇരുട്ടിന്റെ വിഭാടകനാണ് ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊടുത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ഗുരു അവനാണ് ഗുരു എന്ന് പറയാനാവുക പണ്ഡിതൻ എന്ന് പോലും പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കപ്പെടുന്നു ആരാണ് പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് അറിയുന്നവനാരോ അവനാണ് പണ്ഡിതൻ ചില പദങ്ങളെയും പ്രയോഗങ്ങളെയും സംസ്കൃതത്തിൽ കൂടി നിർവചിക്കുമ്പോൾ ഞാൻ അന്തം വിട്ടു രണ്ടും എങ്ങനെ എങ്ങനെ ഒന്നായി പോകുന്നു എന്ന് തോന്നിപ്പോകാറ് ആരുടെ കയ്യിലാണോ യസ്യ ആത്മവിദ്യ ആരുടെ കൈയിലാണോ ആത്മവിദ്യ ഉള്ളത് അവൻ തന്നെയാണ് പണ്ഡിതൻ എന്ന് പറയാറുണ്ട് പണ്ട പണ്ട എന്ന പദത്തിന് പോലും അർത്ഥം ആത്മവിദ്യ എന്നാണ് ആത്മവിദ്യ ആരുടെ കയ്യിലാണോ അവനാണ് പണ്ഡിതൻ അങ്ങനെയുള്ള പണ്ഡിതനായ ഗുരുവര്യനെതിരായി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നമ്മുടെ പ്രവാസി സെഷൻ സമ്മേളനഗരിയുടെ വടക്കു ഭാഗത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഭക്ഷണശാലയുടെ അടുക്കൽ അവിടെയുള്ള സമ്മേളന പന്തലിൽ തയ്യാറാക്കപ്പെട്ട പന്തലിൽ പ്രവാസി സെഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അങ്ങോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗുരു എന്ന് പറയുന്നത് വെളിച്ചം നൽകുന്നവനാ വെളിച്ചം തന്ന കൈക്കിട്ട് തട്ടിയാൽ അതുണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയാനുള്ളത് അത് നിരന്തരമായി പറഞ്ഞു വെക്കുകയും ചെയ്തു എന്നതിനാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ആര് വെളിച്ചം കിട്ടിയതിന് ശേഷം ഗുരുവാകുന്ന മുഹമ്മദ് നീങ്ങിയോ എന്നിട്ട് സത്യത്തിന്റെ പാന്താവാകുന്ന സത്യസാക്ഷ്യത്തിൽ നിന്ന് ആരുമാറി നിന്നുവോ മാറ്റമല്ല അവരെ നാം കൊണ്ടുപോകേണ്ടിടത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് നാം അവരെ നരകത്തിലേക്കും ചേർക്കും എത്ര മോശം അവന്റെ അഭയകേന്ദ്രം എന്നാണ് പഠിച്ചതംപുര ഇവിടെ എല്ലാം നമുക്ക് കാണാം ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ മുസ്നബി അലൈസ്നായിരുന്നു കാറുൽ കാറൂൺ അലൈസ് വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളാണ് കാറൂൻ എന്നാൽ മഹാപണ്ഡിതനാണ് എന്നാൽ അതോടൊപ്പം തന്നെ മഹാധനികനുമാണ് എന്നാൽ ഇതെല്ലാ വലിയ യോഗ്യതകളാക്കുമ്പോഴും പഠിച്ച നമ്പുരാൻ കാറൂന്റെ കഥ പറഞ്ഞു തരുന്നത് ഭൂമിയിലേക്ക് നാം അവനെയും അവന്റെ കുടുംബമടങ്കം നാം ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നോക്കൂ നിങ്ങൾ ആ മഹാനായ മുസ്നബി അലൈഹിത്തു വസ്സലാമിനെതിരായി നീങ്ങുമ്പോഴാണ് അള്ളാഹു റബുലത്ത് പറയുന്നത് കൊടുത്തു എല്ലാം കൊടുത്തു ചിലത് പറയാറുണ്ട് എന്നാ പിന്നെ എങ്ങനെയൊക്കെ കൊടുക്കുമെന്നാണ് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്തുകൊണ്ടെന്നാൽ ഈ ദുനിയ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വലിയ കാര്യമേ അല്ല ദുനിയെ ചിലപ്പോൾ കുഴപ്പക്കാരായ ആളുകൾക്കാണ് പഠിച്ച തമ്പുരാൻ കൊടുക്കാറുള്ളത് വിശുദ്ധ ഖുർആാനിലെ ചില പ്രയോഗങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം അവർ അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ സകലതും മറന്നുപോയപ്പോ അവർക്ക് അള്ളാഹുസത്ത് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ നാം തുറന്നുകൊടുത്തു എന്ന് പറയുന്നു അതായത് അവർ അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ മറന്നുപോയപ്പോ സത്യമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പോലി അവർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളെ അവർ മറന്നുപോയപ്പോ അവർക്ക് നാം തുറന്നു കൊടുത്തു എല്ലാം അവർക്കാണ് കൊടുത്തത് എന്നാലോ ആ ജനത മുഴുവനും വിക്കാരത്തിന്റെ മാർഗത്തിലായിരുന്നു ആ ജനത മുഴുവൻ ധർമ്മത്തിന്റെ മാർഗത്തിലായിരുന്നു എന്നിട്ടും അള്ളാഹുറബുലി ചെയ്തതെന്താ പഠിച്ചതം വരാൻ ചെയ്തത് അവർക്ക് അള്ളാഹുറബുലി അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സകലമായ വസ്തുക്കളുടെയും രഹസ്യങ്ങളുടെ ചെപ്പുകൾ പടച്ചുരാനതിന്റെ താക്കോലുകൾ കൊടുത്തത് അത്തരത്തിലുള്ള ജനങ്ങൾക്കാണ് എന്നിട്ടോബി മാവുത്തു അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അവർക്കവേ ഒറ്റപ്പിടുത്തം നാം അവരെ പിടികൂടി അന്നേരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് മാറിയത് നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരവസ്ഥയെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണ് അഭ്യന്തരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബങ്ങൾ നമ്മുടെ അനിഷേദ്യ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അഭ്യന്തരനായ അധ്യക്ഷൻ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പ് സംഭവമാണല്ലോ ലോകത്ത് സുനാമി ആപ്പാനിന്റെ തീരങ്ങളിൽ പ്രബന്ധങ്ങൾക്ക് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറുന്ന വിധം പതിനായിരങ്ങളുടെ പ്രബന്ധങ്ങൾക്ക് മുമ്പിൽ വലിയ രാഷ്ട്രം വലിയൊരു സമ്പന്ന രാഷ്ട്രം ഒരുപക്ഷെ അമേരിക്കയെ പോലും ജയിക്കാൻ കഴിയുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ അപാരമായ ശാസ്ത്രീയ വൈദഗ്ധ്യത്തിന്റെ ഉടമകളായ ജപ്പാൻ എന്ന രാജ്യം തങ്ങളുടെ മുമ്പിൽ വീശിയടിച്ച കൊടുങ്കാറ്റിന്റെയും അതോടൊപ്പം തന്നെ അനടിച്ചു വന്ന തിരമാലകളുടെയും മുമ്പിൽ നിൽക്കുന്നത് നാം കാണുകയുണ്ടായി ലോക ചരിത്രത്തിലെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് അത് സംഭവിച്ചത് എന്നാലോ ജപ്പാന്റെ പ്രത്യേകത എന്താ സകലതും നൽകിയതാണ് ജപ്പാന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജപ്പാന്റെ പ്രോഡക്റ്റ് കൊണ്ടുവരപ്പെട്ടാൽ അത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് എന്നറിഞ്ഞാൽ അതിന്റെ വാറണ്ടിയോ ഗ്യാരണ്ടിയോ ആരും ചോദിക്കാറില്ല സത്യത്തിൽ ചൈനയുടേതാണെങ്കിൽ ആളുകൾ ചോദിക്കും അതിന് വാറണ്ടി ഉണ്ടായാലും അതിന് ഗ്യാരണ്ടി ഉണ്ടായാലും അതിന്റെ ഗ്യാരണ്ടി പേപ്പർ നമ്മുടെ കയ്യിൽ തന്നാലും അത് ആറുമാസത്തേക്കേ ഉള്ളൂ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ജപ്പാന്റെയും അതുപോലെ തന്നെ ചൈനയുടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ് ജപ്പാൻ കൊണ്ടുവരുന്നതിന് സന്നദ്ധ എന്നത് ഒരു അത്ഭുതമോ അതിശയോക്തിയോ അല്ല സത്യത്തിൽ ജപ്പാൻ കൊണ്ടുവരുന്നതിന് അത്രമേൽ മികവുണ്ട് എന്നതുകൊണ്ടാണ് എന്നാൽ ചൈന കൊണ്ടതിന്റെ സന്നദ്ധ അത് ചോദിച്ചിട്ടും കാര്യമില്ല കാരണം ചോദിച്ചാലും കിട്ടിയാലും അത് മിക്കവാറും അത് തന്നെ തെറ്റാവുകയും അത് തന്നെ വലിയൊരു ചതിയായി മാറുകയും ചെയ്യുന്നു എന്നത് കൊണ്ട് തന്നെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ വലിയൊരു സാങ്കേതിക പരിജ്ഞാനമുള്ള രാജ്യം ആ രാജ്യത്തെയാണ് അള്ളാഹുറബുസത്ത് പരീക്ഷിച്ചത് അഹദും ഒറ്റപ്പിടുത്തം പിടിച്ചു ആ പിടിത്തത്തിന്റെ മുമ്പിൽ ജപ്പാന് രക്ഷപ്പെടുത്തി സാധിച്ചില്ല ഫൈദാഹ്മീസു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും കഴിഞ്ഞില്ല അമേരിക്ക പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾക്ക് സഹായിക്കാമായിരുന്നുവെങ്കിലും സഹായിച്ചിട്ടും അവരുടെ ആണവ റിയാക്ടറുകളിൽ നിന്ന് വരുന്ന ആണവ പ്രസരണത്തെ പോലും പിടിച്ചു നിർത്താനാവാതെ കബന്ധങ്ങൾക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ട ഗതികേടാണ് ജപ്പാൻ ഉണ്ടായിത്തീരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഭൗതികമായ താല്പര്യങ്ങളോ ഭൗതികമായ സമ്പത്തോ ഐശ്വര്യങ്ങളോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമേ അല്ല കാറൂനും അള്ളാഹുറബുസത്ത് കൊടുത്തത് ഈ ഭൗതികമായ സമ്പത്താണ് نحن نقول في القرآن إن قارون كان من قوم موسى وآتيناه من القبف فبغى عليهم وآتيناه من الكنوز إن قارون كان من قوم موسى موسى نبي عليه الصلاة والسلام إن جانده البتالي يقولون يقولون اما نجانده للمانا ذكرمهم قطير آآ جانده لذكرم قطير وآتيناه من الكنوز ما إنما فاتحه لتنوع بالعسبة أول القوة سقلتم اللهم اتبعنا نقول للمؤمننا لدي അവന്റെയും ബി അറയുടെയും അവസാന സി അറയുടെയും താക്കോലുകൾ വഹിക്കാൻ യഥാർത്ഥത്തിൽ ഒരു വലിയ സമൂഹത്തിന് പോലും സാധിക്കുന്നില്ലാത്ത വിധം അത്രമേൽ ഭാരമുള്ളതാണെന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്നാലോ ഈ കാറൂൻ ജ്ഞാനത്തിന്റെ അഹങ്കാരത്തിലായിരുന്നു നാം കാണുന്നത് വിശുദ്ധ ഖുർആാനിൽ അവൻ ജ്ഞാനത്തിന്റെ അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മനസ്സിന്റെ വെളിച്ചമാണ് വിദ്യാ വിനയം എന്ന് പറയാറുണ്ട് സംസ്കൃതത്തിൽ വിദ്യ കൊണ്ടുവരേണ്ടത് വിനയമാണ് വിനയം തരുന്നതാണ് വിദ്യ ഞാൻ അത് വേണം ഊന്നി നിൽക്കുന്നത് ഞാനും അതിന്റെ രണ്ടാമത്തെ പടിയായി കൊണ്ടുവരുന്ന ഒരു കാര്യം അത് വിനയമാണ് വിനയമുണ്ടായാൽ മാത്രമേ ആ ജ്ഞാനം പ്രകാശപുരിതമാകുന്നുള്ളൂ അതിന് വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ജ്ഞാനമുണ്ടായിരുന്നല്ലോ ഇബിലീസിന് ജ്ഞാനമുണ്ടല്ലോ കാറൂന് പക്ഷേ ഇവർ ലോകത്തിൽ എന്നും നിലനിർത്തുന്നത് കാറൂന്റെയും അതോടൊപ്പം തന്നെ ഇബിലീസിന്റെയും അഭിദാനങ്ങളും അതിന്റെ പ്രമേയങ്ങളും അതിന്റെ സിംബലുകളും എല്ലാം നിലനിർത്തുന്നത് ലോകത്തന്നും നാശത്തിന്റെയും വഴിപിഴപ്പിന്റെയും അധർമ്മത്തിന്റെയും ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനും ഉള്ളതാണ് ഇബിലിസിന് ഞാനും ഉള്ളതാണ് പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നത് ഒരു വഴിയിൽ ഇങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ ആ ജ്ഞാനം ക്ഷിബ്രിന്റെ ജ്ഞാനമായത് കൊണ്ടാണ് ഇവിടെ കാറൂനോടും അല്ലാഹുവിന്റെ വിശുദ്ധദീരിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കണം എന്ന മാത്രമല്ല ലാ തഫിഫു ഫിൽ അർദി ഫസാദ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ എന്ന വിശദ ഖുർആൻ പറയുന്നു ഭൂമി ലേഖചർച്ചിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചിത്രത വളർത്തരുത് വ്യക്തിഗത വിദ മദ്രസകൾക്ക് വിത്തിക്കറ്റരുത് പള്ളിക്ക് വിത്തിക്കറ്റരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സമൂഹയത്തിന്റെ ഐക്യം തകർക്കരുത് അപ്പോൾ അപ്പോൾ അയാൾ പറയുന്നത് എന്താ അയാൾ പറഞ്ഞു ഇങ്ങനെയാണ് വ ഇന്നമാ ഉതീതു അല ഇൽമി മിന്ദി ഇതെല്ലാം കിട്ടിയേണ്ട് വിവരത്തിൽ എന്നാണ് എന്റെ വിവരമാണ് ഇതിന്റെ കാരണമെന്നാണ് എന്നാൽ അത് തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ള മുഴുവൻ കുഴപ്പങ്ങളുടെയും നിദാനം ആ കുഴപ്പങ്ങളുടെ നിദാനമായി കാറുനെ അള്ളാഹു റബുലി കാണിച്ചു കൊടുക്കുന്നത് അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തുക ഭൂമിയിലേക്ക് ആഴ്ത്തുമ്പോഴോ അവസാനം അവന്റെ കൂടെയുണ്ടായിരുന്നവർ ആളുകൾ പറയുന്നതോ ഈ കാറൂന്റെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ നമ്മളും നശിച്ചേനെ പർച്ചതമ്പുരാൻ കാത്തു എന്ന് പറയുന്നതാണ് നാം കാണുന്നത് അഭിനവ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാരഥന്മാരായ ഗുരുവര്യന്മാർക്കെതിരായി നീങ്ങിയവർക്ക് രണ്ടു പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ സ്വന്തം കൂട്ടിലെ അനുയായികൾ പോലും നിങ്ങൾ കൊണ്ടുവന്നതുമായി നിങ്ങൾ പൊക്കോളൂ ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന്റെ ഒരു ഗുരുത്തക്കേടാണ് നമ്മളും കാണുന്നത് അതുകൊണ്ടാണ് ഇത് ഗുരുത്തക്കേടായി മാറുന്നത് ലോകചരിത്രത്തിൽ ഗുരുവിനെതിരായി എന്ന് നീങ്ങിയോ ആ നീക്കങ്ങളൊക്കെ തന്നെ ആവൽക്കരമായ ഒരു ഭാവിയുടേതായി തന്നെയാണ് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നത് പരിശുദ്ധ കുരുആാനിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ് എന്നാൽ ധിക്കാരികളായ ആളുകൾ ഉണ്ടായിരുന്നില്ലേ വലിയ കുഴപ്പക്കാരുണ്ടായിരുന്നു അഷ്റഫ്ലാഹി വസ്തിരായി അതിശക്തമായി നിന്ന ക്രൂരന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു ഹബീബായ പ്രഭാചകർഹുൻ മഹാനായ ഹംസാർ അലി അള്ളാഹു മാറി നിന്ന് പ്രയോഗിച്ച് കൊന്നുകളഞ്ഞ ൂരനും അപരാധിയുമായിരുന്ന വഷി പക്ഷെ ആ വഷിയുടെ അവസ്ഥ എന്താണ് അഷ്റഫ് ഹൽക്കു അലി വസ്ല മാത്തങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്ക് മാപ്പുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ ാഹു അലി വസ്ലം ഇസ്ലാമിക പ്രവേശം കൊണ്ട് സകലമായ പാപങ്ങളും പറയുമ്പോഴും ഈ അപരാധത്തിന് എങ്ങനെ ആണ് അശുദ്ധീൻല്ല ഇങ്ങനെ തെറ്റുകൾ അതിക്രമിച്ച് ചെയ്തവർക്ക് മുഴുവനും മാപ്പുണ്ടാകും അള്ളാഹുലേക്ക് മടങ്ങിയാൽ എന്ന വിശുദ്ധമായ ആയുതന്നെ അള്ളാഹുറു മഹാനായ ജിബിദിസ്ലാത്ത് വസ്ലാമിന്റെ കൈവശം അള്ളാഹു കൊടുത്തുവിടുന്നത് ൂറുന്ന ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിയായാഹുല മാറ്റങ്ങൾ പിന്നീട് വഷിയോട് പോലും പറയാറുണ്ട് നേരെ നടക്കുമ്പോ എന്റെ ഓർമ്മകളിൽ ഹംസ വരുന്നുണ്ടട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ താങ്കളെ കുറിച്ച് ഏർക്കുമ്പോ ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ അഷ്റഫുൽ പ്രിയപ്പെട്ട സഹചാരിയാകാൻ അള്ളാഹു ഭാഗ്യം നൽകിയത് ഇത്തരമേൽ വലിയ അപരാധം ചെയ്തിട്ടുമാണ് എന്നാലോചിക്കുമ്പോ അതിനേക്കാൾ വലിയ അപരാധമാണ് പടച്ചുരാൻ കണക്കാക്കുന്ന വിധം അള്ളാഹുവിന്റെ മഹാരഥന്മാരായ പ്രവാചകന്മാരെ സത്യപന്ധാവിൽ വന്ന ഗുരുനാഥന്മാരെ ഗുരുവര്യന്മാർക്കെതിരായി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നോ പറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അബദ്ധം എന്താണ് എന്നാണ് വിശുദ്ധു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ചരിത്രത്തിലെമ്പാട് നമുക്ക് കാണാം ഞാൻ അത് വിശദീകരിച്ചാൽ എന്റെ സമയത്തിന്റെ പരിമിതി വളരെ പ്രശ്നമാണ് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സത്യത്തിൽ വെളിച്ചം നൽകുന്നവനാണ് ഗുരുനാഥൻ വെളിച്ചം നൽകുന്നവനാണ് ഗുരുനാഥൻ ഇവിടെ നോക്കുമ്പോ മലക്കുകൾ അള്ളാഹുറബുഅത്തിനോട് ചോദിക്കുന്നത് എന്തിനീ കുഴപ്പങ്ങൾക്ക് കാരണമായി ഭൂമിയിലേക്ക് ഇവരെ അവതരിപ്പിക്കണം എന്നാണ് അല്ലാഹു ചെയ്യുന്നതോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വിശദീകരണം നൽകുകയല്ല പഠിച്ചതം മുരാൻ ചെയ്തത് മറിച്ച് അള്ളാഹുലിനെ പഠിപ്പിച്ചു ആദമെന്ന സംസ്കാര സമ്പന്നനായ മനുഷ്യനെയാണ് അള്ളാഹുറബു മലക്കുകളുടെ മുമ്പിൽ ഇരുത്തിയത് അതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ നാം രണ്ടാമതൊരു ഘട്ടം കാണുന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടം എന്ന് പറയാവുന്നതാണ് പരിശുദ്ധ റസൂൽഹു ഹബീബായ പ്രവാചകർഹുമാങ്ങൾ വരുന്ന കാലത്തിന്റെ പ്രത്യേകത എന്താ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ചരിത്രകാരന്മാരൊക്കെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ മനുഷ്യത്വം എന്ന് പറയാവുന്ന ഒരു നന്മയും ഇല്ലാത്തൊരു കാലത്താണ് ഹബീബായ് റസൂൽ സാഹു അലൈ വസ്ലമാങ്ങൾ ജനിക്കുന്നത് ദ ഹ്യൂമൻ ബ്രൂട്ട് ഓൾമോസ്റ്റ് വിതൗട്ട് സെൻസ്ലി ഡിസ്റ്റിംഗിഷ്ഡ് ഫ്രം ദനിമൽ ക്രിയേഷൻ ൾക്ക് ജന്മവും അവിടുത്തെ മഹാദൌത്യവും ആദ്യം എന്താണ് അല്ലാഹു കൽപ്പിച്ചു കൊടുത്തത് അതിന്റെ പ്രാധാന്യത്തെ അതിന്റെ അതിന് വലിയ അതിന് കിട്ടുന്ന വലിയൊരു സ്വാധീനത്തെ അല്ലാഹുറബുന്റെ വിശുദ്ധ വചനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു വെക്കുകയാണ് ഇക്ർ വായിക്കണം എങ്ങനെ വായിക്കണം എന്നതാണ് പ്രധാനം എന്തിനു വായിക്കണമെന്നല്ല അള്ളാഹു പറഞ്ഞു വെച്ചത് യുക് അതിന്റെ അതിന്റെ കർമ്മം അള്ളാഹു പറഞ്ഞിട്ടേ വായിക്കണം ഈ പ്രപഞ്ചനാഥന്റെ ഈ അന്തകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമധേയത്തിൽ വായിക്കണം അവിടെ തന്നെ ഈ ജ്ഞാനത്തിന്റെ മേഖലയെ വളരെ വികാസമുള്ള ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ചെറുതാക്കുകയല്ല പഠിച്ചതം പുരാൻ ചെയ്യുന്നത് ആ അധ്യാപനത്തിനും ഈ അധ്യയനത്തിനും വികസിതമായ ഒരു ഭാഗം അല്ലാഹു സുഖാനുഭവത്താൽ കാണിച്ചു തോന്നുന്നു ഈ പ്രപഞ്ച സത്യവിശ്വാസിയുടെ പഠന ഈ പ്രപഞ്ച അവൻ പഠിക്കേണ്ടത് കേവലം ചുരുങ്ങിയ ചില ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല അവൻ പഠിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങളെയാണ് ആ വിസ്മയങ്ങളിലേക്ക് കണ്ണുനട്ടാൽ കിട്ടാവുന്ന ഒട്ടേറെ അതുകൊണ്ട് തന്നെയാണ് ഗർഭപാത്രത്തിൽ ഒരു പിന്നെ ഒരു പുഴുപോലെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമജയത്തിൽ വായിക്കണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഒരു അലഖ് അലഖകളിൽ നിന്നാണ് മനുഷ്യന്റെ സി എന്നാണ് ഇന്നത്തെ ഭൗതിക ശാസ്ത്രം ഇന്നത്തെ ശാസ്ത്രം ഇന്നത്തെ എംബ്രിയോളജി ഇന്നത്തെ ഭ്രൂണശാസ്ത്രം പറഞ്ഞു തരുന്നത് ഈ അലക്കിൽ നിന്നാണ് മനുഷ്യന്റെ ജന്മം എന്നാണ് ഉമ്മയുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നൊരന്യവസ്തു ഒരന്യവസ്തുവായിരിക്കെ അതിനെ പരമാവധി തള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ ഉമ്മയുടെ ഗർഭപാത്രം നടത്തുമ്പോഴും ഗർഭബുത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഉണ്മയോട് തൻ്റെ ഈ ജീവനെ അവസാനിപ്പിക്കാതിരിക്കാൻ കെഞ്ചുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഒരട്ടയിൽ നിന്നാണ് മനുഷ്യന്റെ ജീവൻ തുടങ്ങുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു നോക്കും അതുകൊണ്ടാണ് അക്ഷരം പഠിക്കാത്തൊരു മനുഷ്യന്റെ നാവിൻ തുമ്പിലൂടെ ഈ വർത്തമാനം ശ്രമിക്കുമ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ പോലും ചോദിച്ച ഒരു ചോദ്യം എങ്ങനെ ഈ മനുഷ്യന് അക്ഷരാഭ്യാസി അല്ലാതിരുന്നിട്ട് കൂടി ഇത്രമേൽ വലിയ സത്യങ്ങളെ വിളിച്ചു സാധിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കരാളമായ അന്ധകാരത്തിൽ ശാസ്ത്രീയമായ നവോത്ഥാനത്തിന്റെ ഒരു ബീജം പോലും തുടങ്ങാത്ത കാലത്ത് മനുഷ്യനും ഇത്രമേൽ വലിയ മഹാസത്യങ്ങളെ വിളിച്ചു പറയാൻ സാധിച്ചു അക്ഷരാഭ്യാസി അല്ലാത്ത വിശുദ്ധ ഖുർആാൻ പ്രവാചകനെ പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകനെ കുറിച്ച് പറഞ്ഞു വരുന്നത് അക്ഷരം പഠിച്ചിട്ടില്ല പക്ഷേ മനസ്സ് മുഴുവനും വിശുദ്ധിയുടെ നിറച്ചാർത്തായി നിൽക്കുന്ന പ്രകാശമായിരുന്നു മുഹമ്മദ് റസൂർഹിഹു അല്ല അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ യോഗ്യത ഒരുപാട് വലിയ ജ്ഞാനമല്ല പക്ഷേ ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്ന ഒരു ഒരു പ്രകാശമുണ്ട് ആ പ്രകാശത്തിന്റെ സംസ്കാരമാണ് മുഹമ്മദ് റസൂൽ ആ വെളിച്ചത്തിലൂടെ കണ്ടതാണ് ഈ പ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങൾ ആ വിസ്മയങ്ങൾ മുഴുവനും പഠിച്ച പ്രവാചകൻ മാത്രങ്ങളെന്ന എന്നാൽ അതോടൊപ്പം തന്നെ ജ്ഞാനിയായി മാറുന്ന മഹാനായ പ്രവാചകൻ അറിവസ്ലം ആ അധ്യാപകനാണ് ലോകത്തെ ഏറ്റവും മഹാനായ അധ്യാപകൻ എന്നാലോ അത് പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധ കുരുആനിന്റെ യുവാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അക്ഷരാഭ്യാസിയല്ലാത്തൊരു മനുഷ്യന് ഇത്രമേൽ വലിയ വർത്തമാനം പറയാൻ സാധിച്ചു എന്ന് മോഡിസ് ബുക്കൈനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ആദ്യോചനമാണ് ഉത്തര സൃഷ്ടിച്ചു അതേനാഥൻ അത്യുദാരൻ വായിക്കണം എന്തുകൊണ്ടെന്നാൽ പരിചയപ്പെടുത്തുകയാണ് എഴുതാൻ പഠിപ്പിച്ചവനാണ് ഒന്നാമത്തെ പഠിച്ചടം പോരാൻ വരും അതുകൊണ്ട് തന്നെയാണ് യും ചെയ്താഹു അവൻ്റെ മനുഷ്യന്റെ അള്ളാഹു ഇങ്ങനെയാണ് കട്ടിത്തന്നത് മാർഗം എന്ന ദൗത്യം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യൻ പിന്നെ ആ അർത്ഥത്തിൽ ലോകജനതക്ക് സംസ്കാരം നൽകുന്ന മനുഷ്യനായി അഷറഫ് ഏറ്റവും നല്ല അധ്യാപകൻ അവിടെ നിന്ന് നല്ല അധ്യാപകനാണ് ഞാൻ എന്നതിൽ അഭിമാനം കൊണ്ടതാണ് അവിടെ ഞാൻ അധ്യാപകനായിട്ട് നിയോഗിതനാണ് എന്ന് പറഞ്ഞത് മുഹമ്മദ് അധ്യാപകനാണ് സംസ്കാരങ്ങളുടെ ദാതാവായ സംസ്കാരങ്ങളുടെ കൈമാറ്റക്കാരനായ സംസ്കാരത്തിന്റെ നിർമ്മാതാവായ അധ്യാപകൻ ആ അധ്യാപകനെയാണ് ആധുനിക പാഠ്യശാസ്ത്രം അധ്യാപന ശാസ്ത്രം വിളിച്ചത് ടീച്ചർ ആ ടീച്ചറാണ് എഞ്ചിനീയർ അയാളാണ് സത്യത്തിൽ സമൂഹത്തിന്റെ നിർമ്മാതാവ് അത്രപേർ വലിപ്പമുണ്ട് അധ്യാപകന് അവൻ വെളിച്ചം നൽകുമെങ്കിൽ അവൻ ഗുരുവാകുമെങ്കിൽ അവൻ വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന വിധം മാർഗദർശിയാകുമെങ്കിൽ അവനൊരു സോഷ്യൽ എഞ്ചിനീയർ ആണ് സ്വാധീനിക്കാൻ സാധിക്കും ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കലല്ല പ്രധാനം പഠിപ്പിച്ചു കൊടുക്കലല്ല പ്രധാനം മാതൃകാസമ്പന്നമായ തന്റെ ജീവിതം കൊണ്ട് ശിഷ്യനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രചോദനമാണ് യഥാർത്ഥത്തിലൊരു അധ്യാപകന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇൻസ്പയറിംഗ് അവൻ ചെയ്യേണ്ടതാണ് അവൻ കൊറേ അക്ഷരക്കൂട്ടങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല അവന്റെ പണി ഇൻസ്പേഴ്സ് വേറിട്ടവർ അധ്യാപകൻ എന്ന് പറയുന്നത് കേവലം അക്ഷരക്കൂട്ടങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ല അയാൾ ചെയ്യേണ്ടത് അയാളുടെ ജീവിതം എന്ന ഒരു മാതൃകയായി തൻ്റെ ശിഷ്യനെ പ്രചോദിപ്പിക്കാൻ തൻ്റെ ശിഷ്യനെ ആ മാർഗത്തിലേക്ക് വഴി നടത്താൻ ആ അർത്ഥത്തിൽ വെളിച്ചം നൽകാൻ സാധിക്കുമോ അതാണ് യഥാർത്ഥത്തിലൊരു അധ്യാപകൻ അഷ്റഫുൽഹു അലൈ വസ്ലം അധ്യാപകൻ എന്ന അർത്ഥത്തിൽ തന്നെ ഏറ്റവും വലിയ മാതൃകയായി നാം കാണേണ്ടത് പൊണ്ണിനെ സല്ലാഹു അലൈ വസ്സലം എന്തിനും ക്ഷമിക്കുന്ന പ്രവാചകൻ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോ അയാൾ ഒരു ലീഡറാണ് ഒരു നേതാവാണ് നേതാവ് എന്നതോടൊപ്പം തന്നെ അയാൾ തന്റെ അനുയായികളുടെ സകലമായ കാര്യങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനും നന്മ പകരാനും സാധിക്കുന്നവരാണ് നോക്കൂ ആരാണീ പ്രവാചകൻ ഏതാർത്ഥത്തിലാണ് മുഹമ്മദ് നബി ഒരു ജനതയെ മാറ്റിയത് സാഹു അലി വസ്ലം നബി ദുരുമേനു സാഹുഅലി വസ്ലമിയുടെ മുമ്പിൽ പ്രാകൃതമായ ഭാവങ്ങളുമായി വന്നു നിന്നവരെ പോലും നബി ദുരുമേനും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു നബി ദുരുമേനു സമു അലി വസ്ലമിയുടെ പരിശുദ്ധമായ മേനിയിലൂടെ ഷാവിട്ട് വലിക്കുമ്പോ അവിടുത്തെ മേനീൽ അവിടുത്തെ പുറത്ത് പാടുകൾ വരുമ്പോഴും സഹിക്കാനായി അല്ലാഹുബിന്റെ മറ്റൊരാചകന്റെ സദസ്സിൽ വന്നിരിക്കുന്നു ചോദിച്ചത് കിട്ടിയില്ലെന്ന് വന്നപ്പോ ആക്ഷേപിക്കുന്നു ആക്ഷേപം കെട്ടപ്പോ പുണ്യനബിയുടെ പരിശുദ്ധ സഹാബത്ത്ാഹു അലൈ വസ്സലം വാളെടുക്കുന്നു ആ സഹാബത്തിന്റെ ക്രൂഢമായ ഭാഗങ്ങൾക്കിടയിൽ നിന്ന് ആ മനുഷ്യനെ പുണ്യനബിഹു അലി വസ്ലമാങ്ങൾ കൊണ്ടുപോകുന്നു ആ മനുഷ്യനാവുന്നത് അദ്ദേഹത്തിന് തൃപ്തമായത് കൊടുക്കുന്നു അദ്ദേഹം തൃപ്തനായി എന്ന് കണ്ടപ്പോ നീ തൃപ്തനായോ എന്നെ നീ നല്ലത് പറയുമോ എന്ന് മുഹമ്മദ് നബിസല്ലാഹു അറി വസ്ല്ലാം ചോദിക്കുന്നു എനിക്ക് നല്ലത് കേൾക്കാനില്ല പക്ഷേ നല്ലത് നീ നേരത്തെ എന്നെ ആക്ഷേപിച്ചത് എന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ അവർ കേട്ടിട്ടില്ലെങ്കിൽ അവരറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നിന്റെ ജീവൻ പോലും അപകടമാകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്നത് ൻ പറ വർത്തമാനം നിങ്ങൾ ശ്രദ്ധിക്കണം ഏ സാബാക്കെ ഞാൻ നേരത്തെ ഈ മനുഷ്യനെ നിങ്ങൾക്ക് വിട്ടു തന്നിരുന്നുവെങ്കിൽ ഈ മനുഷ്യനെ നിങ്ങൾ കൊല ചെയ്താൽ ഇയാൾ നരകത്തിലേക്കാണ് പോകേണ്ടി വരുന്നതെങ്കിൽ ഞാൻ ഈ മനുഷ്യരെ ചെയ്ത ഒരു കാര്യം ഞാനും ഒരു അറബിയും പഠിപ്പിച്ചു അവിടെയും ഒരു അധ്യാപകന്റെ മനോഹരമായ മാതൃകയുണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അറിയാത്തൊരു കാര്യത്തിലല്ല പ്രവാചകൻ സല്ലാഹു അലി വസ്ലം തന്റെ ജനതയെ കൊണ്ടുപോയത് തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയത് അറിയുന്ന ഒരു ഉദാഹരണം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ഒരൊട്ടകം ഒട്ടകം വല്ലാതെ വാശി പിടിച്ച് തന്റെ ഉടമസ്ഥനായ അറബിയുടെ കയ്യിൽ നിന്ന് കുതിരിച്ചാടി ഓടുമ്പോ ഒട്ടകത്തിന്റെ പിന്നാലെ അല്പം പുല്ലുമായി പിന്നാലെ പോകുന്നു അറബി അറബിയെ സഹായിക്കാനും തൻ്റെ സഹായികളായ സുഹൃത്തു കൽമൊഴനും തൻ്റെ പിന്നാലെ ഓടുമ്പോ ആ അറബി പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഞാൻ ഈ ഒട്ടകത്തെ മെരുക്കിയെടുക്കാം ഒട്ടകത്തെ മെരുക്കിയെടുക്കാം അതിനാവശ്യമായ വിദ്യ എൻ്റെ കയ്യിലുണ്ട് ആ വിദ്യ ഉപയോഗിച്ച് ഞാൻ അതിനെ മെരുക്കിയെടുക്കാം പക്ഷെ നിങ്ങൾ എൻറെ കൂടെ കൂടിയാൽ ഒരുപക്ഷെ ഒട്ടകത്തിന് എന്നെ സമീപിക്കാനോ എനിക്ക് ഒട്ടകത്തെ സമീപിക്കാൻ സാധിക്കാതെ പോകാം അതുകൊണ്ട് എന്നെ നിങ്ങൾ സ്വതന്ത്രമായി വിടണം ഞാൻ പോയി അത് ചെയ്യാം എന്ന് പറയുന്ന ഒരവസരവും ആ ഒട്ടകത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തതിന്റെ ഉദാഹരണം പുണ്യനബിസാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്തങ്ങൾ പറഞ്ഞു ഞാനും ആ അറബിയും ഒരുപോലെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇയാളെ വിട്ടു തന്നിരുന്നുവെങ്കിൽ അയാൾ മോശമായ ഒരവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടാകുമായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബിഹു അലി വസ്ല്ല മാത്തങ്ങൾ എന്ന വിശ്വഗുരുവിനെതിരായി വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനൊരു അന്ത്യം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോ ഏറ്റവും നല്ല മനുഷ്യനാക്കി അയാളെ സ്വർഗത്തിലേക്ക് വഴി എന്ന് പറഞ്ഞു അഷ്റഫുൾ മുഹമ്മദ് റസൂഹി ഒരു അധ്യാപകൻ ചെയ്യേണ്ട രീതി അതാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രത്യേകത എന്താ അവൻ്റെ ഒരു പക്ഷേ പത്ത് വയസ്സോ അതിനുശേഷം പിന്നെ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ഒരത് പറഞ്ഞാൽ അഡോള സൻസ് ആണ് ാറ്റിന്റെ സമ്മർദത്തിന്റെ ആ സമയത്തുള്ള ഒരു പ്രത്യേകത എന്തും ചോദിക്കും അവൻ അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോയാൽ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തൊരു വ്യവസ്ഥിതിയെ തന്നെ അവൻ ചോദ്യം ചെയ്യും ആ വ്യവസ്ഥിതിയെ തന്നെ അവൻ നിഷേധിക്കും അടങ്ങിയിരിക്കട എന്ന് കണ്ണുരട്ടിട്ടുകാരില്ല അവന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കാൻ അധ്യാപകന് സാധ്യമാകണം അവനെ അത് പഠിപ്പിച്ചു കൊടുക്കണം കൊടുങ്ങി കാറ്റടിച്ച കാലഘട്ടത്തിന്റെ എന്തിനേയും അന്വേഷണ അന്വേഷണാത്മകമായി മാത്രം ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അത്തരമൊരു കാലത്തുള്ള ഒരു കുട്ടിയെയാണ് ഒരു വിദ്യാർത്ഥിയെയാണ് ഈ അധ്യാപകൻ ഇരയാക്കേണ്ടത് മദ്രസാ എന്ന് പറയുന്നത് അയാൾ അത് ചെയ്യണം അവിടെയും മദ്രസാ മാലിന്യം ഒരു മാതൃകാസമ്പദനായി മാറുന്നതിന് പകരം തന്റേതായ ചില ജീവിതബദ്ധങ്ങളുടെയും ജീവിതബദ്ധപ്പാടുകളുടെയും ഇടയിൽ നിന്ന് കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ഒരു മാലിന്യത്തിന് സാധ്യമല്ല അങ്ങനെ ആകും എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ ആകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു സാമൂഹിക ദ്രോഹമാണ് അതൊരു വലിയൊരു സാമൂഹിക ദ്രോഹമാണ് തന്റെ മുമ്പിൽ കിട്ടിയ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ പരമാവധി നന്മയുടെ വഴിയിൽ സന്മാർഗത്തിന്റെ വഴിയിൽ സത്യപന്ദവിൽ നിലയുറപ്പിക്കാനാവും വിധം മാതൃകാസമ്പന്നനായി മാറാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു അധ്യാപകൻ ഏറ്റവും വലിയ സാമൂഹിക ദ്രോഹിയായി മാറും അള്ളാഹു കാക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് ആ അധ്യാപകൻ മാതൃകാസമ്പന്നനാകാതെ പോകുന്നത് കൊണ്ടാണ് അവനുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ജീവിത ചുറ്റുവട്ടങ്ങൾ അവനെ അങ്ങനെ ചിലർ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണങ്ങൾ പോലും ഞാൻ അധ്യാപകരെ മുഴുവനും പറയാന പക്ഷെ ചില ഉദാഹരണങ്ങൾ പോലും കുട്ടികൾ ഉണ്ടാക്കുന്ന ചില ചില ബാഡ് മെസ്സേജുകളുണ്ട് ചില മോശമായ ധാരണകളുണ്ട് ആ ധാരണകൾ ഈ കുട്ടികളെ കാണണം നിങ്ങൾ ഈ പുതിയ കാലത്തിന്റെ ചിന്തയെ കാണണം ആ ചിന്തക്കനുസൃതമായി ഈ അധ്യാപകനെ സമീപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നും ഒരു ഇരുട്ടിൽ കിട്ടാവുന്ന കുറെ മാസികകളിൽ മാത്രം പരതി അതിൽ മാത്രമായി ഇരിക്കാനല്ല ഒരു ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹത്തിന്റെ നിർമ്മാതാവാണ് അവനൊരുപാട് പഠിക്കാനുണ്ട് അവനൊരുപാട് അനുഭവങ്ങളുടെ സക്ഷിത്വം ഉണ്ടാകണം അവൻ ജീവിതത്തിന്റെയും അനുഭവത്തിന്റെയും അതോടൊപ്പം തന്നെ പഠനത്തിന്റെയും നിരന്തരമായ വഴിയിൽ അവൻ രൂപീകരിക്കപ്പെടുന്ന അവന് രൂപീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വ വികാസം ഉണ്ടാകണം ആ വ്യക്തിത്വ വികാസം ഇല്ലാതെ പോകുന്ന ഒരു അധ്യാപകൻ എങ്ങനെയൊരു കുത്തിനെ അതും ഒരു ക്ലീൻ സൈറ്റ് ആയി നിൽക്കുന്ന പാകപ്പെടുത്തി സമൂഹത്തിന് നൽകാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കണം അവിടെയൊക്കെ ഒരു വലിയ ഒരു ഉത്തരവാദിത്തം ഒരു എത്രയോ കോടികളാണ് സമസ്ത കേരള ജമ്യത്തുലരമയുടെ കീഴിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എത്ര കോടികളാണ് ഈ കാര്യത്തിൽ ചെലവാക്കുന്നത് എത്ര വലിയ വലിയ പിന്നെ ഫെസിലിറ്റീസുകളാണ് സമുദായം നമുക്ക് നൽകുന്നത് എന്തൊക്കെ പരാതി പറഞ്ഞാലും ഒരു കാര്യമുണ്ട് ഈ സമുദായം എത്രയേറെയാണ് അതിന് മാത്രമായി ചെലവഴിക്കുന്നത് കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക സമസ്തകാല ജമ്യമായ എന്നൊരു മഹത്തായ പ്രസ്ഥാനം ഇല്ലായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു ആ വലിയ വലിപ്പം മദ്രസ മുല്യ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം മദ്രസാമോല്യം എന്ന് പറയുന്നത് ഇരുട്ട് പകരാനൊരിക്കലും കാരണമായി മാറും ചിലയിടത്തൊക്കെ ചില അധ്യാപകർ മഹുമാനായ അബ്ദുല്ലാ മാൊടുക്കും സമസ്ത കേരള ജമ്മിയുലമയുടെ ജനറൽ സെക്രട്ടറി ആരെന്ന് പഠിപ്പിച്ചു കൊടുത്തു ഒരു സ്ഥലത്തിലെ അധ്യാപകൻ അത് എ പി അബുബർ മുസ്ലിയാറാണ് നേരത്തെ പറഞ്ഞ ഗുരുത്തക്കേടിന്റെ ഉസ്താദിനെയാണ് അവർ ഉസ്താദാക്കി വായിക്കുന്നതെങ്കിൽ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി അഭിനന്ദരായ ചെറുഷേർ ഹുസൈനുദ്ദീൻ മുസ്ലിയാരുടെ മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ ആ അർത്ഥത്തിൽ കേരളീയ മുസ്ലിം സമാജത്തിന്റെ ഒറ്റക്കെട്ടായ പ്രഖ്യാപനത്തിന്റെ ഒരു പ്രഭാതം ഇനിയൊരു അസ്ഥമാനത്തിനായി നാം സഖ്യം വഹിക്കാൻ കാത്തിനിൽക്കുമ്പോ അധ്യാപകരുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇരുട്ടല്ല മറിച്ച് വെളിച്ചമാണ് ആ വെളിച്ചം പകരാനാണ് അധ്യാപകൻ തയ്യാറാകേണ്ടത് ഹബിബായോ പ്രവാചകൻ വസ്ല്ലം ചെയ്തത് അതാണ് അവിടെ നിന്ന് ഈ അർത്ഥത്തിലുള്ള പ്രാകൃതനെ പോലും നന്മയുടെ വഴിയിൽ സത്യത്തിന്റെ പന്ധാവിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരുപാട് പറയാൻ ബാക്കിയുള്ളപ്പോ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ല